ജവാദിരീൽ وقال في أحسن تقوين وفترى السماوات والعرض بقدرته ودبر الأمور في التارين بحكمته أوما خلق الجن والإنس إلا لعبادته فَأَتَّبَعُوا إِلَيْهِ وَاعَدُ الحَنِقَاصِدِينَ أَوْ دَلِيلٌ إِلَيْهِنَ لِغَاوِرِينَ وَإِنَّ اللَّهَ يُظْهِرُ مَن يَشَاءُ وَيَهْدِي مَن يَشَاءُ واهو اعلم بالمحتدين اللهم يا باعث الوجود ويا واهب الخير الوجود ويا غايت كل مقصود افلا علينا انوار رحمتك وَيَسْتَلَنُ وُصُولَ إِلَيكَ مَا دَامَ عُمُرِي فَتَوَفَّلُ أَمْرِي إِلَى اللَّهِ وَأُفَوِّضُ أَمْرِي إِلَى اللَّهِ إِنَّ اللَّهَ بَصِيرٌ بِالْعِبَادِ وانما ربنا الى الله وان المسرفينهما اصحاب نار يا مجيب عند كل دعوه او يا بيا في بكل شدة ويا رجاعي حين نكتعت حين في أحمدك صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله سلم عليك يا حبيبنا يا رسول الله بلغ رسال سلام وعدي سلمانا ونسحت امه وكسبتهم وداهت في سبيل ربك حق جهاده وعبد ربك هتا اذا كل يقين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ولولا فَامْشُوا فِي مَنَاكِبِهَا وَقُولُوا مِنْ رِّزْقِهِ وَإِلَيْهِ النُّشُورُ صدق الله صدق الله مولانا لديه الرب وقال نبينا وحبيبنا ورسولنا وقائدنا ووصوتنا محمد صلى الله عليه وسلم مَا مِنْكُمْ مِنْ أَحَدٍ إِلَّا سَيُكَلِّمُهُ جِبٌّ وَلَيْسَ بَيْنَهُ وَبَيْنَهُ تَرْجُمَانٌ فَيَنْظُرُ الْأَيْمَنَ مِنْهُ فَلَا يَرَى إِلَّا مَا قَدَّمَ مِنْ عَمَلِ فَيَنْظُرُ الْأَسْفَلَ مِنْهُ فَلَا يَرَى إِلَّا مَا قَدَّمَ مِنْ عَمَلٍ فَيَنْظُرُ بَيْنَ يَدَيْهِ فَلَا يَرَى إِلَّا النَّارَ تُلْقَى وُجُوهُهُمْ إِذ تَقْنَعُ النَّارُ وَلَوْ بِشَكٍّ ظَنًّا اتقوا النار ولو بشق تمرة اتقوا النار ولو بشق تمرة ايها الذين آمنوا اطيعوا امباد الله واياي ابي نفسي اولم يتق الله اتقوا الله في السر والعلن وذروا الفواحش ما الله حرام منها وما بدر صلى الله على النبي واسلما ذَٰلِكَ مَا أَبْغِى وَكَانَ وَعْدًا مَّوْفُورًا أَعْتَدَ كُلَّ مُفْتَوَنَاتِهِ كُلَّ مَا حَجَّتِيقَ وَزَمْزَمَ وَحَتِيمًا صَلُّو عَلَيْهِ وَسَلِّمُوا تَسْلِيمًا وَعَلَيْكَ حَتِيم يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نندق العاصي صلاة الله معها تحيته سلام الله തിരി കാശിക്കന് സപുഭീമാല്ലോ അലൈവ സെല്ലിവോ സസിമാ അന്ത്യനാൾ തീർപ്പുകൾ നൽകുമെന്നും ഈശ്വരൻ വ്യക്തമായി നൈത്തിനാതി അന്ത്യനാൾ നാൾ തീർപ്പുകൾ നൽകുമെന്ന് ഈശ്വരൻ വ്യക്തമായി നന്നായി ഉച്ചമായി കാരളം ശബ്ദം മുടക്കുക സർവരമൂട്ടമായി തല്ലിതേ തീർന്നിടും ഉച്ചമായി കാരളം ശബ്ദം മുഴക്കുകൾ സർവരമുകൂട്ടമായി തല്ലിതേ തീർന്നിടും കാശമണ്ഡലം താനേ തുറന്നിടും വാതായനങ്ങൾ പോൽ നിങ്ങൾക്ക് തോന്നിടും ക്ഷൈലങ്ങളൊക്കെയും താനം തിരിച്ചിടും കാനൽ പോലെ നിശ്ചയായി തീണിടും ആകാശമണ്ഡലം താനേ തുറന്നിടും വാതായനങ്ങൾ പോൽ നിങ്ങൾക്ക് തോന്നിടും കാരുണ്യ സിന്ധുവവ്വാൻ തിരു സമാധരണീ ഭക്തിനിർഭരമായതു സദസ്സിന് തുടക്കം കുറിച്ചാണ് ബഹുമാന്യനായ ആദരണീയനായ ഗുരു തുല്യനായ ബഹുമാന്യനായ ഷേജന ഏലങ്കുളം ബാപ്പു അസുലിയർ സാധവ പുണ്യ സദസ്സിനെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ചി ഷിഹാബങ്ങൾ പേരുകൾ പറയപ്പെടുന്നതിനപ്പുറം ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയും അവഗണിച്ച് കണക്കുകൊട്ടലുകൾ വീണ്ടും ലഭിച്ചു ഇന്നലത്തെ ജനേക്കാൾ ഇരട്ടിയായി ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അസലൈക്കു വരഹമുല്ലാഹി താ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ അവർക്കെല്ലാം ഇസ്ലാമിക തത്വാധിഷ്ഠത അഭിവാദനം അതിരട്ട ദയാവരനും അത്യുതാരനും അതുല്യ അദൃശ്യനും അനുഗ്രഹദാതാവും അഖിലാധിപതിക്കും അഖില ലോക ബ്രഹ്മണ്ഡ കടാഹത്തിന്റെ ശിക്ഷാവും സംഭാരകനും പരിപാലകനും സർവസ്വവും സർവാധിനാഥനുമായ റബ്സുബ്രഹാനൂമ ഈ പുണ്യമായ സതസിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങൾ പുറത്ത് മാപ്പാക്കി ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒരിഞ്ഞു മാറി അവന്റെ പ്രവാചകനെ വെടിപ്പെട്ടി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ ചെയ്യുക റബ്സുബാന ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർ സർഹാർഗമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ആയോടെ ലോകാവസാനം ഒരു വെളിപാലകരെ പറയാൻ ബാക്കിവെച്ചു എന്ന പ്രഭാഷണവുമായി ഞാൻ കടന്നുപോകട്ടെ ഇന്നത്തെ ഈ പ്രഭാഷണ വേദിക്ക് വല്ലാത്ത ഒരു പ്രത്യേകതയും നൂറ്റാണ്ടുകൾക്ക് ഭൂമിയുടെ മുകളിൽ കാണുന്ന ഏതൊന്നിനു വേണ്ടിയാണോ തങ്ങൾ യുഗാന്തരങ്ങളോ യുദ്ധം ചെയ്തത് ആ സമൂഹത്തെ തങ്ങൾ കണ്ണുകൊണ്ട് ഇന്നേവരെ കാണാത്ത സ്വർഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിലെ എതിരാളികൾക്കെതിരെ സായുധ സമര പോരാട്ട വിധിയിലോട്ട് കടച്ചുകൊണ്ടുപോയാ തങ്ങളേക്കാൾ മൂന്നരട്ടിയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലോട്ട് ബദർചിപ്പം നടന്ന ഒരു പ്രധാനപ്പെട്ട ദിവസത്തിലാണ് ഈ പെരിന്തൽമണ്ണയിൽ ഒരു വലിയ ജനപ്രവാഹമായി മണൽ തരികളെക്കാൾ കൂടുതൽ മനുഷ്യസരികളായി നാം ഇവിടെ ഒരുമിച്ച് കൊടുക്കുക അള്ളാഹു ഇന്നത്തെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നാം ഓർക്കണം ഇതേ സമയത്ത് നമ്മുടെ പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു വസ്ല്ല മുന്നൂറ്റി പതിമൂന്ന് അനുയായികളുമായി അതേവരെ അവരാരെന്നറിയുമോ വഴിയരികിലൂടെ നടന്നു പോകുന്നവന്റെ കൈതണ്ട പിടിച്ചിട്ട് തന്റെ അരയിൽ കിടക്കുന്ന ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം കാണുന്നവന്റെ കൈസണ്ടയിൽ വെട്ടുനോക്കി ആറാം നൂറ്റാണ്ടിലെ കാത്തറവുകളെ യുദ്ധത്തിന്റെ അവസാനം യുദ്ധം ചെയ്യപ്പെടുന്നവന്റെ ഭാര്യയെയും മക്കളെയും തന്റെ അധീനത്തിലാക്കി അവന്റെ യുദ്ധപ്പന നോട്ടം സ്വന്തം പേരിലാക്കി അതിജീവനത്തിന്റെ സുഖഭോഗങ്ങളിലോട്ട് കടന്നുപോയ മണ്ണിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും കള്ളിനു നൂറ്റാണ്ടിലെ ദിശയറിയാത്ത ദിക്കറിയാത്ത ഒരു സമൂഹത്തെ അള്ളാഹിരിന്റെ വിശുദ്ധമായ ഭീനിനു വേണ്ടി ഒരു ദേവനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഏത് കൈകാലുകളാണോ അവർ വെട്ടിമുറിച്ചത് ആ കൈകാലുകളും കുതൽമാലുകളും അള്ളാഹിരിന്റെ വിശുദ്ധമായ പദരന്റെ രണഭൂണിയിൽ വെട്ടിമുറിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന വാഗ്ദാനം കണ്ട് മുന്നൂറ്റി കാട്ടാളന്മാരായിരുന്ന മനുഷ്യരെ അള്ളാഹിറിന്റെ ഭീനിന്റെ മുമ്പിൽ ചുവടുറപ്പിച്ചുവെച്ച ലോകത്തിന്റെ പ്രവാചകംഗതിഹമ്മദ് മുസ്തഫ് പ്രവാതകരെ വസല്ലമാ അതേവരെ കൈ നിറയെ വാരിയെടുക്കാൻ കഴിയുന്ന സ്വർണ്ണ കഥനാവ് വേണ്ടി അടുത്ത് കാണുന്നവന്റെ കഴിച്ചു വെട്ടിയിട്ട് കുടൽമാല വലിച്ചു ചാടിച്ച ആറാം നൂറ്റാണ്ടിലെ കാറ്ററു വളരെ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയായ അമൃതന്മാറിയാഹുഹു അള്ളാഹുലിന്റെ പ്രവാചകനോട് പദർ യുദ്ധം തുടങ്ങുന്ന ഇത്രയും നാൾ മക്കയിൽ ഞങ്ങൾ ധാരാളം ഐതിഹാസികമായി യുദ്ധം നടത്തിയിട്ടുണ്ട് യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അന്നെല്ലാം ആളുകളുടെ ശിരസ് അവന്റെ ഭാര്യയും അവന്റെ സ്വത്തും ഉമ്മറപ്പടിയിലുണ്ടി കാത്തുകിടക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് കൊറേശുകൾക്ക് നേരെ ഒരാൾക്ക് നാലരക്ഷം ആളുകൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിന്റെ രണാങ്കടത്തിൽ എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാൽ എന്റെ ശിരശട്ട ഗബന്ധങ്ങൾ ബദരനോട് കഥ പറഞ്ഞു കൊടുത്താൽ എന്റെ ഏറ്റവും വലിയ രക്തത്തിന്റെ പ്രവാഹം ബദരന്റെ മണൽ ഒരു സെഞ്ചോര പ്രവാഹമായി കൈവിറങ്ങിയാൽ അള്ളാഹിബിന്റെ ബിരുദൂതര് എന്നെ കാത്തിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലേക്ക് ചവച്ചു എന്റെ മൃതദേഹം ാണ് കടന്ന് ചെല്ലുന്നതെങ്കിൽ അതൊരു പകരമെനിന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് അതിന് പുറത്തേക്ക് ഉമയാമിന് എന്ത് സന്തോഷമാണുള്ളത് എന്ത് ആഗ്രഹമാണ് എന്ത് അഭിമാൻഷയാണുള്ളത് എന്ത് അഭിലാഷമാണുള്ളത് ആ സ്വർഗത്തിന് വേണ്ടി തന്റെ കൈകാലുകൾ വെട്ടിമുദിക്കപ്പെടാൻ ശരീരത്തെ മറ്റൊരു തന്റെ വാളിന്റെ മുമ്പിലോട്ട് സതകീരം കൊണ്ടുപോയ മുന്നൂറ്റി പതിമൂന്നോളം വരും ലോകത്തിന്റെ ഐതിഹാസികമായ ചരിത്രത്തിന്റെ ഏകാന്ത പതികരായി ഇസ്ലാമിക സമൂഹം ഇന്നും ഞാനും അഭിമാനത്തോടെ മുസ്ലിം എന്ന നാമകരണത്തിൽ എഴുന്നേറ്റു നിൽക്കാൻ ഒരു തലേ രാത്രിയിൽ നിശബ്ദതയിൽ പരിസേവനങ്ങളും പരിതാപങ്ങളും പരിമിതികളും പരിഭ്രാസങ്ങളും ഏറെയുള്ളപ്പോഴും പരലോകമാണ് പരിഗാമ്യം എന്ന് പരിധി പാതിരാവിൽ പടശിനോട് അള്ളാഹിദിനോട് പതിതനായി ചെയ്ത ിൽ ഞങ്ങളെങ്ങനാനും പരാജയപ്പെട്ടു പോയാൽ നാളെ മുസ്ലിം എന്ന് ലോകത്ത് പറയാൻ ഒരു മനുഷ്യ പോലും ബാക്കിയാവില്ല തമ്പുരാനെന്ന് ഏകാന്തനായി പൊട്ടിക്കരഞ്ഞതു ചെയ്ത എന്റെയും ഞങ്ങളുടെയും ഹബീബ് നമ്മുടെ എല്ലാവരുടെയും നേതാവ് നമ്മുടെ കൽവിന്റെ രാജാവ് ഇൻഷാള്ളാ മുഹമ്മദ് റസൂൽ അള്ളാഹിന്റെ പ്രവാചകൻ്റെയും സഹാബത്തിന്റെയും വാൽ തലപ്പുകളുടെ മുമ്പിൽ യുദ്ധം ചെയ്ത ആ സമയത്താണ് സഹോദരങ്ങളെ പെരിന്തൽമണ്ണയിൽ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയാൻ നാം ഒരുമിച്ച് കൂടിയത് ഇതൊരാകസ്മികതയാണോ എന്നെനിക്കറിയില്ല ഇതൊരു യാദർശികതയാണോ എനിക്കറിയില്ല ഇതൊരു കേവലം ഒരു വികൃതിയാണോ എനിക്കറിയില്ല പക്ഷേ എങ്ങനെയാണ് ഞാൻ ഇതിനെ പറയേണ്ടത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണൽസരിയുടെ മുകളിൽ മുകളിൽ ഇന്നലെ രാത്രിയിൽ പാതിരാവിലാണ് അള്ളാഹുലിന്റെ പ്രവാചകൻ തുട അള്ളാഹേ അള്ളാഹു അള്ളാഹിതംഗത്തെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ലോക ിൽക്കാൻ കഴിയില്ല അള്ളാഹു സഹോദരങ്ങളെ പതരം തന്നറിയുമോ പതരൊരു കർമ്മയുദ്ധം മാത്രമല്ല ഒരു ധർമ്മയുദ്ധം മാത്രമല്ല ഒരു ധർമാധർമ്മേദനത്തിന്റെ സത്യാസത്യ വ്യതിരക്ഷതയുടെ ഒരു പോരാട്ടം നിലനിൽപ്പാണ് അല്ലാഹുവേ അല്ലാഹു അല്ലാഹു ഈ പതിലീങ്ങൾ നാളെ ജയിച്ചില്ലെങ്കിൽ ഈ ലോകം തന്നെ നിലനിൽക്കാൻ കഴിയുകയില്ല ഇവിടെ ഒരു പിനാമിയുടെ സമൂഹം ഉണ്ടാവുകയില്ല ഈ ലോകത്തിന്റെ നിലനിൽപ്പി അള്ളാഹിരിന്റെ സ്വലമെന്ന കനകനിധിക്കു വേണ്ടി സഹോദരങ്ങളെ യുദ്ധം ചെയ്ത അതേ സമയത്താണ് ഈ ലോകത്തിന്റെ അവസാനത്തെ നമ്മൾ പറയുക ഈ ലോകം അവസാനിക്കുകയാണ് ഈ ലോകം അവസാനിക്കുകയാണ് എന്റെ സഹോദരങ്ങളൊന്ന് നന്നായിട്ട് ചിന്തിക്കുക എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത് എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത് അള്ളാഹുരിന്റെ വിശുദ്ധമായ ഖു പറയട്ടെ വല്ലവീ കലകലക്കും ജമീയാ നിന്റെ പടച്ച തമ്പുരാൻ ആരെന്നറിയുമോ അവനാരെന്നറിയുമോ അലകലക്കും ഈ ലോകത്ത് കാണുന്ന സർവതിനെയും നീ കണ്ടതിനെയും നീ കാണാത്തതിനെയും നിനക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചവനാണ് നിന്റെ തമ്പുരാൻ അതിന്റെ അർത്ഥം തന്നറിയുമോ എന്നാണോ മനുഷ്യനിക്ക് വേണ്ടതാകുന്നത് ാഹു നമുക്ക് വേണ്ടി പടച്ചത് നാം തന്നെ എപ്പോഴാണോ നശിപ്പിക്കാൻ തയ്യാറാകുന്നത് അപ്പോഴാണ് രോഗാവസാനമുണ്ടാവുക സഹോദരങ്ങളെ ജലത്തിന്റെ മുമ്പിൽ ഒരു റബ്ബർ പന്ത് പോലെ പൊങ്ങിക്കിടക്കുന്ന ഈ ഭൂമിയെ ഈ ഭൂമി ജലത്തിന്റെ മുകളിലാണ് നിലനിൽക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ റബ്ബർ പന്ത് ചാഞ്ചാടുമ്പോ ആ ചാഞ്ചാടാതെ അതിനെ നിങ്ങൾക്ക് വേണ്ടി മാത്രം പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാനല്ലയോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ അദൃശ്യമായ ശക്തി ാണ് ഈ ദ്വീഭൂമി ലോകത്ത് ഇങ്ങനെ തുള്ളിക്കലിക്കാതെ പിടിച്ചു നിർത്തിയത് ലോകാവസാനത്തെ കുറിച്ച് കുറാൻ പറയുമ്പോ അല്ല പറഞ്ഞതെന്തെന്നറിയുമോ ഇതാ ചില തിരില്ലറു ചിലറു അവ അള്ളാന്റെ കുറാൻ പറഞ്ഞതാണ് തുറന്ന ഗാതലത്തിൽ ആദ്യമൂടുമ്പോ ഇതാ തിരിസാര ഈ ഭൂമി വല്ലാതെ തുള്ളിപ്പെറിക്കാണ്ടുടമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന റബ്ബർ പന്തിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിലേക്ക് ഈ ഭൂമി കടന്നു വരുമെന്ന് അള്ളവന്റെ പിടുത്തം വിടുമെന്ന് മാടല്ലോ അള്ള അതുവേ ഒരാളെ നിന്റെ കുതിരത്തിന്റെ നിന്റെ ഇറാദത്തിന്റെ നിന്റെ ജലാലീയത്തിന്റെ നിന്റെ ജമാരീയത്തിന്റെ നിന്റെ കഹാരിയത്തിന്റെ നിന്റെ ജബാരീയത്തിന്റെ ആ പിടുത്തമന്ന് ഭൂമിയിൽ നിന്ന് വിട്ടുപോയാ പിന്നെ ഈ ഭൂമി നിലനിൽക്കുകയില്ല ഈ ഭൂമി നിലനിൽക്കുകയില്ല അതറിയണമെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്ക് ഞാൻ ഒരു ഖുഹാൻ ആയ ചോദിത്തരാം ഒരു ഖുറാൻ്റെ ആയ ചോദിത്തരാം ലോകാവസാനം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ വാടിപ്പോകലല്ല പുഷ്പമത്തിന്റെ സൗരഭ്യത വിട പറയലല്ല െ കത്തിച്ചാവലല്ല ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഉറുമ്പും ചാലികൾക്ക് തീയിടുന്നടല്ല സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം താഴെ തകരുക ഭൂമിയുടെ സംവിധാനം താഴെ തകരുക യൗമതുപദ്ലുൾ അറുപയുള്ള ആ ദിവസമേടുന്ന ോന്നറിയുമോ ഭൂമി ഭൂമി അല്ലാതായി മാറും ഈ ഭൂമിയുടെ സ്വഭാവം മാറും അതറിയണമെങ്കിൽ ഒന്ന് നല്ല ബുദ്ധിയോടെ കേൾക്കണം സഹോദരങ്ങളെ നമുക്കറിയുമല്ലോ ഈ ഭൂമി അതിന്റെ സ്വയം വച്ചുരണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഭൂമി അതിന്റെ സ്വയം വച്ചുരണ്ടിലേക്ക് കളങ്ങിക്കൊണ്ടിരിക്കുകയാ സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഭൂമിക്ക് അതിന്റെ രണ്ടാമത്തെ പേറൊരു കറക്കമുണ്ട് അതോടൊപ്പം തന്നെ ചെറുക്കുലീസന്ന നക്ഷത്ര സമൂഹത്തിലേക്ക് സൗരയൂഥത്തിന്റെ മുഴുവൻ ഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് സൂര്യൻ സഞ്ചരിക്കുമ്പോ അക്കൂട്ടത്തിന് നമ്മുടെ ഭൂമിയുണ്ട് അക്കൂട്ടത്തിന് നമ്മുടെ ഭൂമിയുണ്ട് വളരെ ഗൗരവത്തോടെ കേൾക്കണം ലോകാവസാനം എങ്ങനെയാ സംഭവിക്കുക സഹോദരങ്ങളെ നാം താഴ്ച വിട്ടിവച്ചിരിക്കുന്ന ഈ ഭൂമി ഭൂമിയെ നിങ്ങൾക്കറിയാമല്ലോ ചൊവ്വക്കപ്പുറത്തേക്കുള്ളതല്ല വ്യാഴ പുറത്തേക്കുള്ളതല്ല സൗമാന്തര സമൂഹത്തിന്റെ കഥയല്ല പൊന്നുപങ്ങളെ ഞാനും നിങ്ങളും കാല് തവിട്ടി വെച്ചിരിക്കുന്ന ഈ മണ്ണിന്റെ മുകളിൽ കാല് തവിട്ടി നമ്മൾ നിൽക്കുമ്പോ പെരുന്തന്മയിൽ നിൽക്കുന്ന നമ്മൾ ലോഹറായാലും പെരുന്തൽ മണ്ണയിൽ തന്നയാ അസറും നിവാസിയായ ഞാൻ ഈ കറങ്ങുന്ന ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് കൊല്ലം ജില്ലയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടില്ല ഒരു കറങ്ങുന്ന സാധനത്തിന്റെ മുകളിൽ കാല് ചുവട്ടിയാ ആ സാധന കറങ്ങുന്നതിനോടൊപ്പം അതിന്റെ മുകളിൽ നിൽക്കുന്ന ആളും കറങ്ങേണ്ടതല്ലേ ഭൂമി ചലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും സംശയമില്ല കോപ്പർ നിക്കില്ല ജലീരിയോക്കില്ല തോളനിക്കില്ല ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കില്ല ഭൂമി ചരിക്കുന്നുണ്ട് ഭൂമി ചരിക്കുന്നുണ്ട് ആ ഭൂമിയുടെ ഒരു കറങ്ങുന്ന സാധനത്തിന്റെ മുകളിൽ നിൽക്കുന്ന നമ്മൾ സ്വാഭാവികമായി കറങ്ങേണ്ടതല്ലേ മറ്റേ എന്തേ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ മാറിപ്പോകാത്തത് അങ്ങനെ കറങ്ങിപ്പോയാ ഭാര്യ പെരിന്തൽമണ്ണയിൽ നിന്ന് മാറിപ്പോയാൽ വൈകുന്നേരമാകുമ്പോ ഭൂമി കൊല്ലത്തെത്തുകയില്ലേ സഹോദരങ്ങള് അതോടൊപ്പം തന്നെ ഭൂമി അതിന്റെ സ്വയം തെറ്റുന്നുണ്ട് മണിക്കൂർ കൊണ്ടൊരു കറക്കം പൂസിയാക്കുമ്പോ ആയിരം നാടികൾ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മനുഷ്യൻ ഒരു എട്ട് ദിവസം പതിനാല് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തോളം നാടിക ഒരു മനുഷ്യൻ ഒരു ദിവസം സഞ്ചരിക്കുന്നുണ്ട് എന്റെ കഥയാണ് നിങ്ങളുടെ കഥയാണ് അവിശ്വസിക്കണ്ട എന്റെ പ്രഭാഷണം തന്ന ഓരോ നിങ്ങളും ഒരു ദിവസം ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം നാടിക ഈ ഭൂമിയുടെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാ പക്ഷേ നമുക്ക് അത് അനുഭവപ്പെടുന്നില്ല തള്ളലില്ലാതെ തള്ളിച്ചയില്ലാതെ താടലില്ലാതെ ചെരിയരില്ലാതെ വീടലില്ലാതെ തട്ടലില്ലാതെ ഈ ഭൂമിയുടെ മുകളിൽ സഞ്ചരിക്കുകയാണ് അതേ സമയം തന്നെ ഒരു മിനിറ്റിൽ പതിനാറ് പോയിന്റ് രണ്ട് മൈൽ വേഗത ന്റെ ഈ ഭൂമി സൂര്യനുരുത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതാണ്ട് അറുപത്തി മൂവായിരം നമ്മൾ സഞ്ചരിക്കുകയാ സഹോദരങ്ങളെ അതോടൊപ്പം ഭൂമിക്ക് മൂന്നാമതൊരു ചലനമുണ്ട് ചെറുകുണീസമ്മ നക്ഷത്ര സമൂഹത്തിലേക്ക് ഒരു മണിക്കൂറിൽ അഞ്ചു ലക്ഷം കിലോമീറ്റർ സീഡിന് ഭൂമി ചലിച്ചു കൊണ്ടിരിക്കുമ്പോ കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു ഒരൊക്ഷ ദിവസത്തെ കണക്കാണ് പറയുക എന്തേ നമുക്ക് ഭാവമാറ്റമുണ്ടാകുന്നില്ല ഒരു ദിവസം ഇത്രയേറെ കോടി നാടിക സഞ്ചരിച്ചിട്ട് നമുക്ക് മാറ്റമുണ്ടാകാത്തതെന്താ അതിന് മറുപടി പറയണമെങ്കിൽ അതിന് മറുപടി പറയണമെങ്കിൽ മറുപടി പറയേണ്ടതാരം അറിയുമോ ആയിരത്തി തൊള്ളായിരത്തി നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ട ആലപ്പാട് കറവാട്ടിലെ ചന്ദനക്കെട്ടില് ചാലിക്കടലിട്ട് മലയാള ഭാഷയുടെ സംസ്കാരത്തെ അറബിക്കടലിന്റെ അരമാലകൾക്ക് അപ്പുറമെത്തിച്ചാൽ മാധവിക്കുട്ടിയെ തിരുവനന്തപുരം പാളയഞ്ചു മാമസത്തിന്റെ മഹാഗണിമരത്തിന്റെ ചുവട്ടിൽ കമലെടുക്കപ്പെട്ട കമല ി മാറ്റിയ അള്ളാന്റെ ഖുറാൻ എന്ന ലോകത്തിന്റെ വിശ്വമാനരീക ദർശനത്തിന്റെ കൂട്ടങ്ങൾ പറഞ്ഞു തരട്ടെ അള്ളാന്റെ ഖുറാനാണ് പറഞ്ഞത് റിയുമോ ഈ ആയത്തിൽ ലോകാവസാനത്തിൽ അടിവരയിട്ട് കേൾക്കണം വല്ലാത്തൊരായത്താണിത് അല്ലരി അവനാരെന്നറിയുമോ ചേരന കുമരാ ഈ ഭൂമിയെ ഒരു ഇണങ്ങിയ വേട്ട പോലെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവന്നവൻ ൂർ എന്ന് പറഞ്ഞാൽ ഇണങ്ങിയ മൃഗം എന്നാണ് സഹോദരങ്ങളെ വയനാടമ്മനത്തിൽ ആനക്കുടിയിലിട്ട് കൊണ്ട് മെരുക്കിയിട്ട് റോട്ടിലിറക്കും കാട്ടാനയുടെ സ്വഭാവം എന്താ ആരെ കണ്ടാല് ഏതൊരുത്തനെയും കുത്തി പാകപ്പെടുത്താണ് വേത്തമൃഗം പുനിയുടെ അവസ്ഥ എന്താ കടുവയുടെ അവസ്ഥ എന്താ ഏത് സമയത്തും തുള്ളിക്കളിക്കുന്ന പ്രകൃതം അങ്ങനെയുള്ള വേത്തമൃഗത്തെ ഇണക്കി കഴിഞ്ഞാൽ മനുഷ്യൻ പറയുന്നതനുസരിച്ച് സഞ്ചരിക്കുകയില്ലേ ആന മനുഷ്യൻ െ കണ്ടുള്ളി കൈവക്കില്ലേ ഈ വല്ലാതെ ഇണകി തളിക്കുന്ന ഭൂമിയെ വെള്ളത്തിൻ്റെ മുകളിൽ ഇണകി കളിക്കേണ്ട ഭൂമിയെ അല്ല ഈ അറുപതരൂരാ മൃഗത്തെ ഇണക്കി തന്നതുപോലെ നിങ്ങൾക്ക് ഇണക്കി തന്നവ ഞാനല്ലയോ എന്തിനെന്നറിയോ സംശൂ അതിന്റെ പുറകിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് താഴെ ചമക്കിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ സമാധാനമായി അള്ളാഹുന്റെ ഖുർആാൻ വാഴ്ത്തപ്പെടട്ടെ അള്ളാഹാന്റെ ഖുർആാൻ വായിക്കപ്പെടട്ടെ ഈ ഖുർആാൻ എവിടെയാണ് അതിനെത്താതെ പോവുക റലൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകാവസാനം മനസ്സിലാക്കിയ കൂടി അടയാളം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ഏറ്റവർഗ സാധാരണ തുള്ളിക്കളിക്കുന്ന സാധനമാണ് നിയന്ത്രണത്തിന് പോല എന്ന് പറഞ്ഞാൽ മേലിക്കീത് വേട്ടവർഗറ്റം നിരക്കിട്ട് ആനപ്പാപ്പൻ ആനയെ കൊണ്ടുപോണ മാതിരി കൊണ്ടുപോണ മാതിരി ആ ഭൂമിയെ ഞാൻ നിങ്ങക്ക് ഇടക്കി തന്നിരിക്കാൻ പക്ഷെ ആനക്കിടയ്ക്ക് മതം പൊട്ടും ഭൂമിക്കും മതം പൊട്ടും പൊട്ടുമ്പോ ഇതാ അല്ലാതെ അല്ലാതെ ഛർദിയല്ല നമ്മള് വിട്ടത് അള്ളാഹു കാത്തിരിക്കട്ടെ യഥാർത്ഥത്തെ അങ്ങനെ ഒന്നും ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോ നമ്മളും കൂടെ കറങ്ങട്ടെ കറങ്ങട്ടെ ഭൂമി കറങ്ങണേ പെരിന്തൽമണ്ണ കറങ്ങണല്ലേ ഏഹ് നാലാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കണല്ലേ ഭൂമി കറങ്ങണണ്ടെന്ന് ഭൂമി കറങ്ങണമെങ്കിൽ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ചെയ്യണം കറങ്ങണ ഏതൊരു സാധനത്തിന് മുകളിൽ നിൽക്കുന്ന ആൾ കറങ്ങണം അല്ലെങ്കിൽ പിന്നെ റഷ്യ സർക്കാർ മാതിരി അപ്പം ഇപ്പം ചവിട്ടി ചവിട്ടി നിൽക്കണം നമ്മളതായാലും അങ്ങനെ ടൗട്ടില്ലല്ലോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണം നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ലല്ലോ ബാലൻസ് ആരോഗ്യ ലോകാവസാനം എന്ന് പറഞ്ഞ എന്താ ഈ ലോകം അവസാനിക്കില്ല എന്ന് അവരോട് മറുപടി പറയും അമ്മ രണ്ടാന്ന് വെച്ചാൽ إن ما أمرؤه إذا أراد شيئا حي يقول له كن فيكون كن إن قلنا രണ്ടേ രണ്ട് അക്ഷരത്തിന്റെ ഉള്ളിൽ അഖിലലോക ബ്രഹ്മാണ്ടത്തിന്റെ സംവിധാനവും സംഹാരകവും ഒളിപ്പിച്ചു വെച്ചവനേ തമ്പുരാനെ ഒളിപ്പിച്ചു വച്ചവനെ തമ്പുരാനെ ഇതെല്ലാം നിന്റെ കയ്യിലാണ് തമ്പുരാനെ ശൈവകണം കണ്ടുപിടിക്കണ്ട അണുവാായുധങ്ങൾ സ്വരൂപിക്കണ്ട കുൻ എന്ന രണ്ടേ രണ്ട് അക്ഷരത്തിന്റെ ഉള്ളിൽ പടച്ചവനെ അതേ അച്ഛരത്തിൽ ഇതിനെ തകൽക്കുന്നവനെ തമ്പുരാനെ ഞങ്ങളോട് ഈ അടിമകളോട് നീ കരുണ കാണിക്കണയല്ലാഹേ കരുണ കാണിക്കണയല്ലാഹേ ആ ഒരൊക്കെ ഇതിനാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുക അല്ല വിട്ടാള അപ്പോഴാണ് കയറ് പൊട്ടിയ കുതിര ചാടനെ വിട്ടിട്ടില്ലേ ഇപ്പൊ കടിഞ്ഞാൻ കയ്യിലുണ്ടല്ലാടെ കടിഞ്ഞാൻ കിട്ടും കയർ കയറ് പൊട്ടിപ്പോയാതിരയുടെ ഒരു ചാട്ടം ഉണ്ടല്ലോ അമ്മാതിരി ഭൂമി ചാടും അതിനാണ് ലോകാവസാനം എന്ന് പറയും ഇപ്പൊ അല്ല പിടിച്ചിരിക്കുന്ന കുരുമി സംശൂമനാക്കി ബിഹാ അതിന്റെ മുകളിൽ നിങ്ങക്ക് ജീവിക്കാൻ അതേ പിന്നെ ഇന്ന് പെരുന്തർമ്മടെ നാളെ കൊല്ലത്ത് പോയാലോ മൂന്ന് കറക്കമുണ്ട് ഭൂമിക്ക് ഭൂമിക്ക് സ്വയം അച് കലത്തോ സൂര്യനു ചുറ്റുമുള്ള കലത്തോ തെർപ്പുരി എന്ന നക്ഷത്രത്തിലേക്ക് ഒരു മണിക്കൂറിൽ അഞ്ച് ലക്ഷം കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഒരു മണിക്കൂർ അറുപത് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കണ വാഹന എന്താ ചില പരിപാടിക്കാൻ വേണ്ടി എന്റെ ഡ്രൈവർ അങ്ങനെ വീട്ടിൽ അള്ളാഹു നല്ല ആവശ്യത്തോ കൊടുക്കട്ടെ അതിനകത്ത് പിന്നെ ഞാൻ വിചാരിക്കും പടച്ചു എന്തി എത്ര കാര്യം വളരെ ബുദ്ധിമുട്ട് കാരണം വന്നില്ലെങ്കിൽ തീർന്നു അള്ളാഹു നല്ല ആരോഗ്യം ആഫിയക്കാർ ചെറുപ്പക്കാരനു കൊടുക്കട്ടെ അള്ളാഹു നല്ല അപകടത്തിൽ നിന്നും കാത്തിരിച്ചിരിക്കട്ടെ എന്നെപ്പോലെ തന്നെ ഉറക്കളക്കുന്ന കുട്ടികളാണ് ഞാൻ എവിടെ പോകണം ഇവിടെ എന്റെ അതേപോലെ എന്റെ ഉറക്കളത്തിന്റെ കൂടെ ഇടലുപോലെ നടക്കുന്ന കുട്ടികളാണ് അള്ളാഹു നല്ല ആഫ്യത്ത് കൊടുക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അതുകൊണ്ടാണ് ഭൂമിയുടെ നിയന്ത്രണം അള്ളാഹു വിട്ടുകളും ഭൂമിയുടെ നിയന്ത്രണം അള്ളാഹു വിട്ടുകളും അപ്പോഴാണ് കുരുമിരുഹി നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് ഒരു കടയിട്ടു ഭൂമി അങ്ങനെ ഇമ്മാതിരി കുരുങ്ങിയ പെട്ടിക്കട സോടാപ്പറ്റി വെക്കാൻ പറ്റുമോ ഇമാതിരി ഭൂമി കുരുങ്ങിയ അള്ളാരുടെ ദർമ്മീല്ലെങ്കിലും പെട്ടിക്കട സോടാപ്പറ്റി വെച്ചു വെക്കാൻ പറ്റൂക്കാൻ പറ്റും ശരിയില്ലൂമി നിങ്ങൾക്ക് ആഹാരം ആഹരിക്കാൻ വേണ്ടി എന്നിട്ടും എന്റെ പൊന്നുമക്കളെ ആ പൈസ വന്ന് കുഞ്ഞിൻ്റെ കൂടെ മറ്റു പള്ളിയിൽ നിഷ്കരിക്കൂല അല്ല പറഞ്ഞു മോനെ നിനക്ക് ഈ സംവിധാനമൊക്കെ അള്ള തന്നിരിക്കുന്നത് നീ നിന്റെ ആഹാരം ഭക്ഷിക്കാൻ വേണ്ടിയാ ഇതെല്ലാം നഷ്ടപ്പെടും ഇതെല്ലാം ഇതെല്ലാം ഇതെല്ലാം നഷ്ടപ്പെടും ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് ലോകാവസ്ഥാനെപ്പോഴാണ് ലോകം നഷ്ടപ്പെടുത്തുക എപ്പോഴാണ് ഈ ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു വളരെ ഗൌരവത്തോട് ഓർക്കേണ്ടതുണ്ട് അള്ളാഹി എപ്പോഴാണ് ലോകത്തിന്റെ തുടക്കം മുതൽ ലോകത്തിന്റെ തുടക്കം മുതൽ അല്ല വീക്ക സബ സമാവാസിന് ഏതരിച്ചുകളായി തണലിലാണ് സഹോദരങ്ങൾ ഈ പാരവാരം പോലെ പരന്നു കിടക്കുന്ന മണൽ പരപ്പുകൾ വിരിച്ചു കിടക്കുന്ന ഈ വല്ലാത്ത വല്ലാത്ത ഹരിതാപമായ പച്ചനിര മലകള് തിങ്ങിക്കിടക്കുന്ന താഴ്ഭാഗത്തു കൂടി സുന്ദരിപ്പണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിസ് പോലെ കൊത്തരുതുകൾ തലം തള്ളി ആ ഈ സുന്ദരമായ ഭൂമിയെ ആ ഭൂമിയുടെ മുകൾ ഭാഗത്ത് നീല ആകാശത്തിന് ിയുടെ നിശ്ശബ്ദതയിൽ നീലക്കണ്ണുള്ള നിരാപക്ഷിയെ പോലെ പറന്നു പോകുന്ന മന്ദമാരുതന് എല്ലാത്തിനെയും ഒരുക്കിവച്ച തമ്പൂരാണ് എല്ലാത്തിനെയും ഒരുക്കിവച്ച തമ്പൂരാണ് ആ തമ്പുരാം പറയുകയാണ് എന്റെ ഔദാര്യം കണ്ടാണ് എന്റെ ഔദാര്യം കണ്ടാണ് അള്ള പറയുകയാണ് എന്റെ അപാര്യമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ അടിമകളോടുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് സമാധാനത്തോടെ നീ കിടന്നുറങ്ങുന്നു പാതിരാ സമയത്ത് വിളിച്ചിട്ട് പാതിരാസമയത്ത് പട്ടച്ചാറായം കുടിച്ച് മുറ്റിയിട്ടും കളിച്ചിട്ട് ിലോട്ട് പോയി മലന്ന് കിടന്നുറങ്ങുമ്പോ കല്ല് കൊടുക്കുന്നത് എന്തിനാ അസച്ഛന്ധമായി എത്തുന്നുറങ്ങാൻ വേണ്ടി സഹോദരങ്ങളെ സഹോദരങ്ങളെ അല്ല പറയുന്നു മഹാപ്പാവി രാത്രിയിൽ കിടന്നുറങ്ങുന്നു എന്റെ ഔതാര്യമാണാ എന്റെ ഒരേ ഒരു കാരുണ്യം മാത്രമാറ മുറോ പകലിലിറങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നു പകലിലിറങ്ങിയിട്ട് കുലി വേറെ ചെയ്യുന്നുണ്ട് എന്റെ ഒരേ ഒരു ാഹു എന്ന് പിടിച്ചുപിടിക്കുമോ എന്നാഹു പിടിക്കുമോദരങ്ങളെ യൂറോപ്പിൽ നിന്ന് വരുന്ന സുന്ദരികളായ ടൂറിസ്റ്റുകൾക്ക് അത്തിമരത്തിന്റെ ഇന്തോനേഷ്യയിലെ മുസ്ലിം ബണ്ണുങ്ങൾ വന്നപ്പോ അല്ല ഇന്തോനേഷ്യയുടെ തലഹീറന്ന് മാറ്റിക്കളഞ്ഞപ്പോ ആ സമയത്താണ് ഇന്തോനേഷ്യ കുലുങ്ങിയത് ആ സമയത്താണ് ജപ്പാൻ കുലുങ്ങിയത് ആ സമയത്താണ് അള്ളാട കുതിരത്തിന്റെ പിടിവെള്ളി വിട്ടപ്പോ പിടിവെള്ളി വിട്ടപ്പോ സഹോദരങ്ങളെ ചിതരിത്തെ പോയെങ്കിൽ ആ കാണുന്ന അറബിക്കടലിന്റെ പസവിക്കിന്റെ തിരമാലകൾ മനുഷ്യ ശരീരം കണ്ട് അവരെ രക്ഷപ്പെടിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര മറന്നുപോകരുടെ മറന്നുപോകരുടെ അള്ളാന്റെ ഖുറാം പറഞ്ഞു ലോകത്തിന്റെ ഏറ്റവും വലിയ ലോകാവസാനത്തിന്റെ അടയാളം വരുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ അടയാളമാണ് വ്യവിചാരം വർദ്ധിക്കുക വ്യവിഹാരം മദ്യപാനം വർദ്ധിക്കുക ഏതുവരെ അള്ളാന്റെ ഹബീസ് കേൾക്കുക ലോകാവസാനം കടന്നു വരികയില്ലോകാനം കടന്നു വരികയില്ല മദ്യപാനം മതികരിക്കും എങ്ങനെയെന്നറിയുമോ എങ്ങനെയെന്നറിയുമോ അവർ മദ്യത്തിന്റെ പേരിൽ എല്ലാടും മദ്യം കുടിക്കുന്നൊരു കാലം വരുന്നുഹി ശിവന്റെ പേരതിലുണ്ടാകില്ല മദ്യത്തിന്റെ പേരുണ്ടാവില്ല എന്നാൽ ഏത് മനുഷ്യനും ആ മദ്യത്തിന്റെ പേരിലെല്ലാം മദ്യം കുടിക്കുന്ന കാലം ആയിരസരാ ഞങ്ങൾ പറയുന്ന ലോകാവസാനത്തിന്റെ അടയാളങ്ങള് നമ്മൾ കുടിക്കുന്ന ശീതളപാനീയത്ത് പതിനാറ് ശതമാനം ആൽക്കഹോളിന്റെ അളവെന്ന് ഇന്ന് തുർക്കിയിലെ ഖത്തറിലെ ആരോഗ്യ സംഘടന വിശദീകരിച്ചു കഴിഞ്ഞു നമ്മൾ കുടിക്കുന്ന ഭൂരിഭാഗ ശീതളപാനീയങ്ങളിലും ശതമാനമാണ് സഹോദരന്റെ അളവ് കല്ല് കുടിക്കും പക്ഷെ കള്ളിന്റെ പേര് ഉണ്ടാവൂല ഇന്നലെ എന്നോട് വിളിച്ചോ പറഞ്ഞതെല്ലാം പെരുതൽ മണ്ണുണ്ട് ഇന്നലെ പറഞ്ഞത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹ് സൂര് പറഞ്ഞത് കല്ല് കുടി അധികരിക്കുന്നതി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് ലോകാവസാനം എടുക്കുമ്പോദ്യം അധികരിക്കും എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവനെ തടഞ്ഞു നിർത്തിയിരുന്നു ഏറ്റവും വലിയ സമൂഹമായ സ്ത്രീ സമൂഹം അവര് പോലും മദ്യപാനത്തിന്റെ അടിമകളായി മാറുമ്പോ എന്തിനാ എന്റെ പൊന്നതങ്ങള് സ്ത്രീ മദ്യപാനത്തിന്റെ അടിമയായി മാറുമ്പോ ഓരോ പെണ്ണിന്റെയും റോൾ മോഡലായി കയ്യിൽ സമ്മാനത്തിന്റെ ചെപ്പും കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട നടിയാണ് മകളുമായിട്ടുള്ള അവകാശ തരക്കം കോടതിയിൽ വരുമ്പോൾ മലയാളത്തിന്റെ നടിയുടെ നോക്കിയിട്ട് കോടതിയോട് ഇവിടെ സ്ഥിരം മദ്യപിക്കുന്നവളാണെന്ന് പ്രവാചകരെ ലോകനഗരങ്ങളിൽ കേരള നഗരങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം ബാധകൾ സംഘടിപ്പിക്കപ്പെടുകയാണ് അള്ളാഹുദിന്റെ പ്രവാചകന്റെ അള്ളാഹന്റെ റസൂല് പറഞ്ഞു ലോകാവസാനം അടുത്തു കഴിയുമ്പോ മദ്യപാനം വർദ്ധിപ്പിക്കുമെന്ന് നിയന്ത്രണമല്ലാകും നഷ്ടപ്പെടുത്തി കളയം മദ്യപാനം അധികരിച്ചു കഴിയുമ്പോ വ്യഭിചാരം അധികരിച്ചു കഴിയുമ്പോ സഹോദരങ്ങളെ വയ്യ കൊലപാതകങ്ങൾ അധികരിക്കും ലോകാവസാനമെത്തുമ്പോ ഇന്നമിന്ന ചെറാഭിസ്ഥാന രോഗാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് അടയാളത്തിൽ പെട്ടതാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക രാവിലെ പോകുന്ന മനുഷ്യന് വൈകുന്നേരം മുത്തം കൊടുത്ത മകനെ വെട്ടിമുറിക്കപ്പെട്ട കച്ചനങ്ങളായി മാറുക വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാഠിയുടെ ഇംഗ്ലീഷ്മാലകള് മാറിപ്പോകുമ്പോ കൊതിയുടെ നിറം മാറുമ്പോ കൊതിച്ചറിയുന്ന കൊത്തിമുറുക്കിയറിയുന്ന മൃതദേഹങ്ങളെ പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെ പാവപ്പെട്ടവ ഓരോ ദിവസവും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന രാഘവക്ഷത്തോടെ മനുഷ്യന്റെ എത്ര തലയെണ്ണി മുറിക്കപ്പെട്ടു എന്നോർക്കുന്ന കാലം എന്റെ മലബാറിന്റെ മക്കളെ ലോകാവസാനത്തിന്റെ ഒരു അടയാളമായി മലബാർ മാറരുത് കണ്ണൂർ മാറരുത് തലശ്ശേരി മാറരുത് കാസർഗോഡ് മാറരുത് മലപ്പുറം മാറരുത് പാലക്കാട് മാറരുത് എന്തിനാണ് ഈ ചോരകൊന്നുള്ള കളി എന്തിനാണ് ഈ ചോരയോടുള്ള അഭിനിവേശം അള്ളാഹ് റസൂല് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു ത്തിലിരുന്നു കൊണ്ട് കത്തിവള്ളയിലോത്ത് കുത്തി കയറ്റുന്ന കാലം വരുമ്പോ ആ കൊലപാതകത്തിന്റെ ഭക്താക്കളാവരുടെ അത് ലോകാവസാനത്തിന്റെ അടയാളമാറെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ മുസ്തഫ ആ പ്രവാചകൻ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ ആളുകൾ വരും പറയുന്ന തജാനിന്റെ രൂപമുള്ള മനുഷ്യ ശരീരത്തിൽ പൈതാലിക ഹൃദയം കേറി മനുഷ്യന്റെ ശരീരമാണ് ഹൃദയം ാണ് ഹൃദയം വിചാരി എങ്ങനെയാണ് സഹോദരങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഭീതട്ട് അവനെ വെട്ടി വെട്ടി വെട്ടി ദുരുക്കി ഞാൻ കളയുക നടന്നു പോകുന്നവന് അമ്പത്തൊന്ന് വയസ്സുകാരന് അമ്പത്തിരണ്ട് പ്രാവശ്യം മരത്തിയിട്ട് വെട്ടാൻ കഴിയുക എല്ലാ കൊലപാതകങ്ങളും അതേതുമാകട്ടെ എവിടെയുമാകട്ടെ മനുഷ്യന് മരിക്കാനുള്ളവനല്ല മനുഷ്യൻ ജീവിക്കാനുള്ളവനാണ് ഭൂമിയിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളും ഭൂമി ജീവിക്കാനുള്ള ഉടമാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലാതൻ നദിയേ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടട് ആദമിന്റെ മക്കൾക്ക് ജീവിക്കാനുള്ളതാണ് ഭൂമി ആദമിന്റെ മക്കൾക്ക് കൊല കൈതറിയാനുള്ളതല്ല ആ കാലഘട്ടത്തിൽ കൊലപാതകം വർദ്ധിക്കുന്നു എന്റെ മലബാറില് ഈ മല സുറന്നില്ലയില് എന്റെ ശബ്ദങ്ങൾ കാനെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പൊന്നുമോനെ മനുഷ്യ ശരീരവും പിഷാദിന്റെ ആവരുത് മനുഷ്യ ശരീരവും പിഷാദിന്റെ ഹൃദയമാകരുത് സ്നേഹമുള്ള സഹാതയുള്ള അരിവുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറണം ലോകാവസാനം അടുത്തു കഴിയുമ്പോ മനുഷ്യരുടെ ഇടയിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ആദരവായ പ്രവാചകന് മു വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ അതിലേക്ക് നമുക്ക് കിടക്കാം പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു അടയാളമാവ് ഇപ്പൊ കേട്ടു ലോകാവസാനമാണ് പക്ഷെ നമ്മളെന്ത് ചിന്തിക്കണം ഞാൻ അതിന്റെ ഒരു അടയാളമായി മാറരുത് അതിന്റെ അടയാളമായി മാറരുത് പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ലോകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറാൻ കഴിയണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ പ്രവാചക ആദരവായ പ്രവാചകൻ എവിമാറുന്നത് മുസ്തഫ അസൂര് പറഞ്ഞതാണ് ലോകാവസാനമെടുക്കുമ്പോ ലോകാവസാനമടുക്കുമ്പോ ലോകാവസാനമടുക്കുമ്പോ ഇന്നി കുടുംബ ബന്ധങ്ങൾ മുറിയിച്ചു കുടുംബ ബന്ധങ്ങൾക്ക് ബന്ധമില്ല കുടുംബ ബന്ധനങ്ങളായി മാറുന്നു ഓടിച്ച് ഞാൻ പറയാതടയാളങ്ങൾ പറയുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കോടതിയിലല്ല കുടുംബ കോടതിയിലാണ് കുടുംബ കോടതി പറയാത്ത ഭാര്യമാർ ഒന്ന് ശരീരിപ്പിച്ച് വിട പറയുന്ന ദമ്പതിമാർ ലോകത്തെ ഏറ്റവും വിവാഹമോചനം നടക്കുന്ന സ്ഥലമായിട്ട് തിരുവനന്തപുരം സഹോദരങ്ങളെ സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾ കാലം മിണ്ടാത്ത വിങ്ങാത്ത കൂടെ പറമ്പുകൾ വാപ്പയെ ഉമ്മയെ സ്നേഹിച്ചാ തമക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന ക്യാസറ്റ് നിങ്ങളൊന്ന് കേട്ടു വാങ്ങിക്കണം ഉമ്മയായ ഉമ്മയെക്കുറിച്ചറിയാണ് പ്രിയപ്പെട്ട ഉമ്മ എന്ന ക്യാസറ്റ് ഇറങ്ങിയിട്ട് എത്രയോ ഉമ്മമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നിത്താണ് പതിനെട്ട് വർഷമായി തന്നോട് പിന്താടപോ എന്റെ പൊന്നുമോന് നിങ്ങളുടെ ക്യാസറ്റ് കേട്ടിട്ട് പതിനെട്ട് വർഷമായി എന്റെ കൺമണിയെ കണ്ടിട്ട് നിങ്ങളുടെ ഗ്യാസറ്റ് കേട്ടിട്ടൊരു സുഭഹിന്റെ സമയം അവൻ എന്റെ വാതിലു മുട്ടി വാതിൽ പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പതിനെട്ട് വർഷമായി തന്നോട് പിണങ്ങിപ്പോ എന്റെ പൊന്നുമോൻ അവന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടന്ന് തുടങ്ങിയിട്ടുണ്ട് കുറാൻ കേട്ടിട്ടല്ല അതീസ് കേട്ടിട്ടല്ല രണ്ടും ഒരുമിച്ച് കേട്ടപ്പോ സഹോദരങ്ങളെ വാതിൽ പടിയിൽ പൊട്ടിക്കരന് വാതിൽ തുറക്കുമ്പോ വാതിൽ തുറക്കുമ്പോ എന്റെ കാലിലേ സുനത്തു പറഞ്ഞു പൊന്നും പൊരുത്തപ്പെടണേ പൊരുത്തപ്പെടണേ അറിവില്ലായ്മ എന്നെ മികച്ചുപോയി അറിവില്ലായ്മ എന്ന വകവച്ചു പോയി സഹോദരങ്ങളെ ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ വരുമ്പോ ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ വരുമ്പോ പിതാവിനെ ണാത്ത മക്കള് വരുമ്പോ ഈ റമണിത് ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര ആളുകളാണ് ഈ നിൽക്കുന്ന പുരുഷാരത്തിന്റെ നടുവ് ഈ പെണ്ണിന്റെ നടുവ് അറബിച്ച് ഈ ഒരു വാസ്തവിയുടെ പ്രസംഗം കേൾക്കാമെന്ന എന്റെ കരളിന്റെ കസനമായ പൊണ്ണുതെറുപ്പക്കാര ഏത് സദസ്സരും നിങ്ങളെ ഞാൻ ആയിര മറക്കാറില്ലല്ലോ എന്തേ നിങ്ങളൊന്ന് ആലോചിക്കുമോ അല്ലാണ്ട് റസൂര് പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളമാണോ ഞാൻ ഞാൻ ലോകാവസാനത്തിന്റെ അടയാളമാണോ എന്റെ ഉമ്മയോട് എന്റെ ഉപ്പയോട് എന്റെ കൂടെപ്പുറപ്പുകളോട് എത്ര നാളായി ഞാൻ എന്റെ ഉമ്മയുടെ മുഖം കണ്ടിട്ട് കമലാ വന്നിട്ട് എത്ര പ്രാവശ്യമാണ് ഉമ്മയുടെ അടുത്ത് പോയത് ഉപ്പയെ കാണാൻ പോയത് സഹോദരങ്ങളെ ലോകാവസാനം എടുത്തു വരുമ്പോ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുമെന്ന് നദി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുത്തഫല്ലാഹു ആരാണിത് പറയുന്നതെന്നറിയോ മക്കം വത്തഹീന മുമ്പേ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ താങ്ങം തണലുമായ സബീജീവി മരണപ്പെട്ടു പോയി പോയി താങ്ങൻ തണലുമാണ് കിട്ടിയത് അവസാനം മക്കളെന്റെ കാൽക്കീടി വരുമ്പോ ദിവറി എത്ര ചുറ്റും തപാഫ് ഏഴ് പ്രാവശ്യവും ഓരോ തപാഫ് കഴിയുമ്പോഴും അള്ളാന്റെ റസൂല് പുറകോത്ത് തിരിഞ്ഞു നോക്കി സബീതയുടെ കപലടത്തിലേ കറിയുള്ള പന്നമോളയ സബീത പൊന്നു മോളെ സതീജ മണ്ണിന്റെ അടിയിൽ പോയാലും നിങ്ങനാണ് എന്റെ മനസ്സിന് മറക്കില്ല പൊന്നു ഭാര്യയെ മണവാടിയേ എല്ലാവരും എന്നെ എതിർത്തു നിന്നപ്പോ ഒട്ടകത്തിന്റെ കുടൽ മാളയടി എന്നെ കെട്ടിപ്പിടിച്ച് മുടിയിൽ എന്റെ സങ്കടത്തിന് അറുതി വരുത്തി എന്നെ മുടിയത തലോടിയ പെണ്ണേ സതീജ സതീരാ നിങ്ങനാ മറക്കില്ല തന്റെ കട്ടകയിലെ കാലഘട്ടത്തിൽ തന്റെ കൂടെ നിന്ന മറന്നില്ല ഏഴ് പ്രാവശ്യം തപാസ് ചെയ്യുമ്പോൾ സ്നേഹത്തിന്റെ അടയാളം പോലെ അടയാളം പോലെ കബറിലേക്ക് നോക്കി കണ്ണുനീര് പഠിച്ചു ലോകത്തിലെ കുടുംബ ബന്ധത്തിന് അതാണ് ബന്ധമാണ് ഖദീജി മരിച്ചിട്ടു കബറിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞൊക്കെ നല്ല കാലം വന്നപ്പോ നീ എന്റെ കൂടെ ഇല്ല റതി റബിള്ളാഹുവാൻ അതാണ് സ്നേഹത്തിന്റെ ബന്ധം അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരം അള്ളാഹു നമ്മളാറ്റിത്തരണ്ടെ അള്ളാഹു നമ്മളെ കാത്തുതരണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ഇങ്ങനെ ധാരാളം അടയാളമുണ്ട് ധാരാളം അടയാളമുണ്ട് അതൊക്കെ പറഞ്ഞിരിക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ചുരുക്കി ഞാനം കിടക്കുക ഇനിയിപ്പായാലും ബാക്കി വെച്ച ഇനി ഇത് പറയാൻ ബാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ബാക്കി വെക്കുക ഇമാതിരി പറ്റിപ്പ് പറ്റിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാനപ്പെട്ടവരടയാളം അടയാളം നമ്മൾ ധാരാളം കണ്ടതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഇതൊക്കെ ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ മുസ്ലിമി ലംതൊക്കെ മുസ്ലിമി തട്ടുയാ അള്ളാന്റെ റസൂര് പറഞ്ഞതാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ തിരുദൂതര് പറഞ്ഞ് ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ സാരിഹീകളായ സ്വപ്നം കാണുന്നു ആ സ്വപ്നം സത്യമായി പുനരപ്പെടും പെടും സ്വപ്നം കാണാൻ ഇവിടെ നിന്നിറങ്ങിപ്പോയ ഏതെങ്കിലും മുസ്താദിനെ പോലെയുള്ള സാലിഹിങ്ങൾ ഈ തദത്തിലിരിക്കുന്ന സാലിഹീങ്ങൾ എത്ര എത്രയോ ലോകാവസാനത്തെ സ്വപ്നം കണ്ടിട്ട് പാതിരാസമയത്ത് പൊട്ടിക്കരഞ്ഞട് അവര് കാണുന്ന സ്വപ്നങ്ങൾ അത് സന്തോഷമായി അവര് കാണുന്ന സ്വപ്നങ്ങൾ അവര് പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങൾ സത്യമായി ലോകത്ത് പുലരുന്നുണ്ട് ആദരവായ പ്രപാചകന് മുഹമ്മദ് മുസ്തഫ എത്രയെത്ര സാലിഹീങ്ങൾ സ്വപ്നം കണ്ടു കണമെങ്കിൽ അല്ലാതെ വിരോധിച്ചതിനെ അല്ല ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ചെയ്യരുത് അല്ല ചെയ്യാ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പൊന്ന പെങ്ങളെ ചെയ്യരാ കാലിക അതോടൊപ്പം തന്നെ സാധു സാരഹൈനൽ പുള്ള സഹോദരങ്ങളെ സഹോദരങ്ങള് താരിഹിങ്ങളായ മനുഷ്യരുടെ കൂടെയിരിക്കണം അവരോട് തരമസിക്ക കൂടെ നടന്നാല് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ പെട്ടെന്ന് നമുക്ക് പറയാം ആദരവായ റസോർ പറഞ്ഞു അള്ളാഹുൻ ലോകാവസാനം എടുത്തു വന്നാൽ ഒരു തിരിനാളം ഹിജാസിന്റെ ഭാഗത്തു നിന്ന് ലക്ഷ്യമാക്കി വരുമെന്ന് ആദരവായ പ്രവാചകൻ മുസ്തഫ ഹിജാസിന്റെ ഭാഗത്തിനെന്ന് ഹിജാസിന്റെ ഭാഗത്തിനെന്ന് കൈവാളയം ലക്ഷ്യമാക്കിയൊരു തീനാടം വരുമന് നബി മുഹമ്മദ് മുസ്തഫ അത് ഹിജറാ കാലഘട്ടത്തിൽ നടന്നു പോയിട്ടുണ്ട് ഓടിച്ചു ഞാൻ പറയുകയാണ് ഇന്നലെ നാ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇറാഖികൾക്ക് പക്ഷുപരോധം ഏർപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചു തന്ന തുടങ്ങട്ടെ സഹോദരങ്ങള് അതോടൊപ്പം തന്നെ നിവാസികൾക്ക് ഉപരോധം കടന്നു ഞാൻ പറഞ്ഞ് നമ്മുടെ സുരി അടങ്ങുന്ന നാടാണ് ശ്യാമ് ആ ശ്യാമിനാ ാണ് സിറിയുള്ള പ്രവാതകന് ലോകത്തുള്ള മുഴുവൻ സച്ചികൾക്കെതിരെ തിരിയുകയാണ് അമേരിക്കയുടെ മൗനാനുവാദത്തോട് ചെറിയ ഒരു ഉപരോധത്തിന്റെ വക്കിലാണ് കടന്നു പോകുന്നത് അള്ളാന്റെ അങ്ങ് പറഞ്ഞതെല്ലാം അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കൺമുമ്പില് കാണുമ്പോ ചെറിയ ഇത് ആകസ്കമായ പതനത്തിനടുത്സത്തിനാം കാണുമ്പോ സഹോദരങ്ങളെ അള്ളാന്റെ റസരിന്റെ നാം പറഞ്ഞടുത്തേക്ക് ത്തിന്റെ അടയാളകളെത്തി നിൽക്കുമ്പോ അടുത്ത ഒരു ഹരീസ് കൂടി പറയട്ടെ അടുത്ത ഒരു കൂടി പറയട്ടെ അള്ളാഹന്റെ പ്രവാചകൻ പറഞ്ഞ വളരെ ഗൗരവത്തോടെ ഞാൻ പറയുന്ന ഒരു ഹരീസാണ് അള്ളാന്റെ റത്തൂർ ഒരു ദിവസം ലോക അവസാനം എത്തുകയില്ല ഈ ലോകം അവസാനിക്കുകയില്ല എന്റെ ഓതസ്സും വേദസുമുള്ള ചെറുപ്പക്കാരാ അഫ്ഗാനികളെ പിടിച്ചു നിർത്തി അവരുടെ നെഞ്ചിലേക്ക് വയനെട്ടുകൾ ചൂണ്ടുവച്ചിട്ടിന്റെ മനം വാരാ നിർബന്ധിക്കുമ്പോഴും തന്നിക്കാട്ട ചിഹ്ന പാവപ്പെട്ട ഇറാഖുകളിലെ തടവരാക്കപ്പെട്ട നിരപരാധികളും നിരായുധരും നിരാശ്രയരും മുദ്രാവിഹീനരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അമേരിക്കൻ പെട്ടെന്ന് ചൂണ്ടിയുണ്ട് അവരോട് പന്നിമാം സംഘടിപ്പിക്കുമ്പോഴും പന്നിമാം സംഘടിപ്പിക്കുമ്പോഴും അധിനിവേശത്തിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ടിന്റെ മാനമംഗം ചെയ്യുമ്പോഴും വിശിദ്ധമായ തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തിച്ച് ചാമ്പനാക്കുമ്പോഴും അള്ളാണ്ട് പറയുകയാ പതിനാല് നൂറ്റാണ്ടിന് മുമ്പ് കത്തിച്ചിരിക്കുന്ന മരുഭൂമിയുടെ മണൽ തന്റെ ഉള്ളം കാലു തവിട്ടി ആകാശത്തിൻ്റെ തന്റെ നിസാദത്തിന്റെ ഇത് പറഞ്ഞു വല്ല ഇരുവന്ന രാത്രിയും പകലിന് ഈ ലോകത്തിന്റെ എവിടം വരെ എത്തുമോ അവിടം വരെ എന്റെ ഇസ്ലാമത്താട് പേര് അമ്മ അവ നമുക്ക് കാണാൻ പാചകം നൽകട്ടെ ആകാശവും ഭൂമിയും എവിടം വരെ എത്തുമോ രാത്രിയുടെ ഇരുത്തി ലോകത്തിന്റെ ഭൂമിയുടെ മുകളിൽ എവിടെ തട്ടുമോ പ്രകാശത്തിന്റെ പകലിന്റെ വെളിച്ചം എവിടെ എത്തുമോ വരെ എന്റെ കടന്നു പോകാതെ ആര് തകർത്ത് ആശ്രമിച്ചാലും ആര് വലിച്ചെറിഞ്ഞാലും ആര് പ്രവാചകനെ കള്ളനാക്കിയാലും സഹോദരങ്ങളെ ഇസിലാം കടന്നുല്ല പകലിന്റെ വെളിച്ചമെത്തുന്നത് വരെ ലോകത്തിന് ആദ്യം പത്രമായിരിക്കുന്ന പുതിയെന്ന രാജ്യത്തിന് പോലും ഇസിലാമത്താട് ഇസിലാമത്താട് ഇല്ലല്ലോ സൂര്യപ്രകാശം തട്ടിയ തലത്തിൽ അള്ളാഹ് ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന് അള്ള ഈ ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന് ഈ സൂര്യൻ പടിഞ്ഞാറിക്കില്ലെന്ന് ഈ കഴപാളയ തകരില്ലണ്ട് ലോകത്തുള്ള മുടുവന്നാലുകളും ഈ കഴപാറയത്തിന്റെ നേരെ അവന്റെ നെഞ്ച് തിരികാട് ഇസ്ലാമിനോടത്ര വെറുപ്പും ആറപ്പും മികച്ചതയും വൈരാജ്യമുള്ളവരും അവന്റെ നെഞ്ച് കഴപാളയത്തിന്റെ നേരെ തിരിക്കാട് ലോകാവസാനം കടന്നുവരില്ലേ ആദരവായ പ്രവാചകൻ അഭിമാനം നിരാശരാകണ്ടിമികളെ നിരാശരാകണ്ട അല്ലാണ്ട് ഒരു പറഞ്ഞെങ്കിൽ എത്തുക തന്നെ എത്തുക തന്നെ ചെയ്യണം പക്ഷെ എന്ത് ചെയ്യണം എത്താൻ നമ്മൾ ന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ എതിരുകന് ഹാഥല്ല പകരും വലിത്തവും എവിടെയാണോ എത്തുന്നത് അവിടെയെല്ലാം ഇസിരാമെത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോലെന്ന് ഭൂവത്ത് ചെയ്യും മാഷാ അള്ളഹു അയ്യപ്പോ അതുകൊണ്ട് ആ പ്രബോധനത്തിന് കാരണമായ അള്ളവാഹിവിന്റെ ഇസിരാം തികൻ തങ്ങനെ മാ മലകളും അലകടലുകളും കടന്നിട്ടെത്താൻ കാരണമായ എന്റെ അനുഭൂവത്ത് എന്റെ അനുഭൂവത്ത് എന്റെ അനുഭൂവത്ത് ആ അനുഭൂവത്ത് വന്നപ്പോടല്ലയോ ആ അനുഭവത്ത് വന്നപ്പോടല്ലയോ ഇസ്ര തകർന്നു പോയത് കൈസര് തകർന്നു പോയട് രണ്ടായിരം വശമാനിക്കാമ്രാജ്യത്തിന് അഗ്നി ഗുണ്ടത്തെ നിമിഷം ഉണ്ട് തകർന്നു പോയട് ആ പ്രിയപ്പെട്ട പ്രവാചകൻ വന്നപ്പോടല്ലയോ ആ അനുഭൂവത്ത് വന്നപ്പോടല്ലയോ ഉച്ചരാ കടന്നു വരാനുള്ള കാരണമായ അനുഭൂവത്ത് അതാവു തീരുമാനിക്കുന്നിടത്തോളം കാലം നിലനിൽക്കുമ്പോൾ തുമ്മയ ാഹു ശ്രദ്ധിച്ചു കേൾക്കുക ആ അനുഭവത്തിനെ ഉയർത്താനല്ല തീരുമാനിക്കുമ്പോ ആ ഉയർന്നു പോകും ഞാനീ മദീനത്തോട് വിട പറയും ഞാനീ മദീനയോട് വിട പറയും അല്ലാണ്ട് റസൂര് തിരുക്കുമാരു ഹരീസിന് പറയുകയാണ് അല്ലാണ്ട് റസൂര് വിട പോയി മദീനയുടെ മന്ദമാരിടന് തൽക്കാരത്തെ കണഞ്ഞു അത് റൗഡയിലേക്ക് ഭൂമുഖം ഇല്ലയൊന്നും മാഞ്ഞുപോയി എന്നിട്ട് വിശ്വാസിയുടെ മനസ്സ് അതിനേക്കാ വർദ്ധിതമായി തെളിഞ്ഞു വന്നു അള്ളാഹുരിന്റെ തിരുദൂതരെ അള്ളാഹുരിന്റെ അങ്ങകരെ റൗലൈരൻ അള്ളാഹിന്റെ തിരുദൂതരെ അങ്ങ് കാണുകയല്ലയോ റസൂരൊന്നും മരിച്ചിട്ടില്ല അമ്മ റസൂര് ജീവിക്കുന്നത് വിവിടെയാ മുസ്ലിമിന്റെ കരളിന്റെ രാജകുമാരനെ വിടെ നമ്മുടെ ഹൃദയത്തിന്റെ ദേദസ്വിടെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എവിടെ നമ്മുടെ നന്മയുടെ ഭൂകാലം എവിടെ നമ്മുടെ ഈ ആന്തോളനത്തിന്റെ ഈ ആരാധനയുടെ ഈ ഏറ്റവും വലിയ അത്യാഹ്ലാദത്തിന്റെ അങ്ങിയുടെ പേര് മുപ്പത്തിമൂന്ന് തലാതു തന്നെ തിരിയാനല്ലയോ ഈ പറഞ്ഞാലൊടുങ്ങാത്ത പരാഭാരം പറഞ്ഞു കിടക്കുന്നത് പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണ യുടെ ചരിത്രത്തിൽ ഒരു ചരിത്രത്തിന്റെ തുന്നട് തൂക്കിക്കിടക്കുകയാണ് ആ മന്ദമാരുകൻ ഈ സകലമാന സുഹൃത്തങ്ങളുടെ മിഹ്റാവിന്റെ പച്ചക്കുപ്പയുടെ മുകളിലും അള്ളാൻ നറസൂരിന്റെ ചിത്രമില്ല വരയ്ക്കാൻ ഡാവിജിയില്ല എന്നിട്ടല്ല വരയ്ക്കാൻ രവി വർമ്മയില്ല എന്നിട്ടല്ല അതിനേക്കാൾ വലിയ മാന്ത്രിക കൈകളിൽ സമുദായത്തിന്റെ കയ്യിലുണ്ട് ഇവിനൂണ്ടയുണ്ട് സഹോദരങ്ങളെ പക്ഷേ വരച്ചിട്ടില്ല തുറമയിട്ടില്ലെങ്കിൽ പോലും വിട്ടതുപോലെ തോന്നുമെന്ന് പോലും വിട്ടതുപോലെ തോന്നുമെന്ന് അബൂഹിയാ പറഞ്ഞ അല്ലാണ്ട് റസൂരിന്റെ കണ്ണു ഞങ്ങളുടെ കൺമുമ്പിലുണ്ട് അല്ലാതി ഏതെങ്കിലും ഒരു മണയെ ജെന്മന അന്തനായി പോയവന്റെ കണ്ണിന് തുറുമിട്ട് കൊടുത്താൽ അവൻ അള്ളാന്റെ അറിച്ച് കാണുന്ന രീതിയിൽ അവന്റെ കണ്ണ് തുറക്കമെന്ന് പറഞ്ഞ മണൽ തരിയുണ്ടെങ്കിൽ ലോകാന്തനത്തിന്റെ മണൽ തരിയല്ല മാതകത്വമല്ല അത് എന്റെ നായകന്റെ തറവാടിന്റെ അങ്ങയുടെ തിരു കവറിന്റെ താരത്തെ തരിമണലെടുത്ത് ആരെങ്കിലും കണ്ണിലൊന്ന് മനസ്സിലെ എന്റെ ഈ കണ്ണിലൊന്ന് സുറുമിടാൻ കഴിയുക അള്ളാഹു വേ ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തരെയും ഒരാവിടിയാണ് റൗള ഇതേ അള്ളാഹു ആ പ്രവാടകന്റെ ചിത്രമ വിടയാ അല്ലാന്റെ റസൂല് ജീവിച്ചത് ആ ശിഖിടെ ഹൃദയത്തിന്റെ ഉള്ളില ആ ഹൃദയത്തിന്റെ ഉള്ളില് ഒരു പോലെ പുന്തിരി തൂങ്ങി നിന്ന നായകൻ മധീനയോടൊരുടെ പറഞ്ഞു അല്ലാന്റെ റസൂല് പറഞ്ഞ അവസാനിക്കില്ല അള്ളാഹുലിന്റെ റസൂല് പറഞ്ഞു അവസാനിക്കില്ല തുമ്മൂന്നിലാപത്തു അലാനിന്ന് ലോകാവസാനം പറയുന്ന കാലഗണന റസൂർ എന്ന് പറയുകയാണ് പിന്നീട് അതേ അടിപ്പത്തിൽ ഹിരാപത്ത് കടന്നു വരുമെന്ന് അബൂമത്തെ റവിയുള്ളു റവിയുള്ളുമാനവിനെ അപ്പാൻ വന്നു അലിയബിനെ അബി താലിക്ക് വന്നു റവിയുള്ള പിന്നീട് അതേവത്തിന്റെ നെഹുതിൽ തന്നെ കടന്നു വന്നു അള്ള റസൂര് പറയുകയാണ് അള്ള ആഗ്രഹിച്ചോളം അമ്മ ചിന്തി അമ്മ വിചാരിച്ചെടുത്തോളം ആ രാപത്ത് Allaah anna Rasool binneed parayayayane kumma yurfao ghaa idhaa shaa aayya shaae Awanu jesitsa polu khilaafu tini imedu tumaati Awanu jesitsa polu khilaafu tumaari Shagodarengale kumma taakoonu mulkanah allah Shaddishu keeku ഹിരാപത്തിന്റെ കാലം കടിഞ്ഞുൽക്കനവാീട് ചില ആളുകൾ കിടന്നു വന്നു അപുരുഭൂവത്തിന്റെ ഹിരാവത്തിന്റെ പതിഹൃതയ്ക്ക് കോട്ടം നടത്തി മറുവാനത്തിന് അപ്രിൽമരിക്കൊക്കെ വരുമ്പോ പഴയ പ്രവാചകന്റെ നഹിതികൾക്ക് കോട്ടം തെറ്റാണ്ടുടങ്ങി അബ്ഭാസിയാ ഹിരാവത്തിന് കിടന്നു വരുമ്പോ കഥാ വസ്തുക്കളോരുമന്മാരായ ഭരണാധികാരികൾ വന്നു മദീനത്തിന്റെ മണൽ തരീലി ചവിട്ടിയിട്ടാണ് വരാനിരിക്കുന്ന കാലത്തിന്റെ ഘണന പറയുക എത്ര ആശ്ചര്യകരമാണ് എത്ര ആശ്ചര്യകരമാണ് പിന്നീട് അബ്ദുൽ മലിക്കമിന് മറുപടി റസൂൽ ഖിലാപത്തിൻ്റെയും ആ രീതിയിലേക്ക് എത്താൻ പറ്റാതിന് ഖിലാപത്തു മാറി അള്ളാഹു കാത്തിരി അള്ളാഹു കാത്തിരി പിന്നെ പിന്നെവിടെ എത്തി ാഹുല അള്ളാഹിന്റെ അവിടേക്ക് വീണ്ടും വന്നു അള്ളാഹുബിന്റെ റസൂലിന്റെ സിരാബത്തിന്റെ അനുഭൂവത്തിന്റെ അതേ മാതൃകയിൽ കൊണ്ടുവന്നു അബ്ദുൽ കടന്നു വന്നു സുൽത്താൻ സലാഹു വന്നു അതേ സിരാമത്തിന്റെ മെഹിജിലേക്ക് അതേ അനുഭൂവത്തിന്റെ വടിയിലേക്ക് പിന്നീടും ഇസ്ലാമിന്റെ ഭരണാധികാര തിരിച്ചു വരുന്നത് നിങ്ങൾ ും സഹോദരങ്ങളെ കേട്ടുകൊള്ളുക അല്ലാന്റെ റസൂല് പറയുകയാണ് തുമ്മർ ബഹുല്ലാഹു ഇതാശാ അമ്മാഹു ഉദ്ദേശിക്കുമ്പോൾ അതുംഹു എടുത്തു മാറ്റി തുമ്മ തകോനു മുൽക്കനെ ചതിരിയാ തുമ്മകൂനു മുൽക്കനെ ചതിരിയാ ീട് വന്നത് ഹുസ്ലിമിന്റെ പേരുണ്ട് പക്ഷേ ദശാധിപതികളും ഏകാധിപതികളും സർവാധിപതികളുമായ ഇസ്ലാമിന്റെ ഭരണതലസ്ഥാനത്തെത്തി സഹോദരങ്ങള് സഹോദരങ്ങൾ സഹോദരങ്ങള്ക്ക് വന്നു നാൽപ്പത് വർഷക്കാലമായി വൃത്തനാകുമ്പോഴും ക്രിസ്ത്യാനിയായനെ സുസൂസൻ എന്ന പെണ്ണിന്റെ മാതകമേനയോട് കടന്നിട്ട് നാൽപ്പതിനായിരം കോടിയുടെ സമ്പാദ്യമുണ്ടാക്കിയ ഹുസ്ലീമുബാറക്ക് വന്നു നജീബുള്ള വന്നു അബ്ഗാലുകൾ താലിബാൻ കാർ വിളക്കുകാരി കെട്ടിത്തന്ന രചുള്ള വന്നു സഹോദരങ്ങളെ വന്നു ഓരോ ആളുകളും വന്നു അവരവരുടെ ഏകാധിപത്യം അവരുടെ ലോകത്ത് നടപ്പാക്കി അവരവരുടെ ലോകാധിപത്യം നടപ്പാക്കി അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിയൊരുക്കി അവസാനിക്കുകയാണ് ഈ സദസ് അവസാനിക്കുകയാണ് ഈ സദസ് കാലഘടനകൾ താലത്തിന്റെ നാൽക്കവരകളിൽ കൂട്ടിമുട്ടെ പ്രവാതകന്റെ പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഒരു വഴിത്തിരി കൂട്ടിമുട്ടെ ഏകാധിപതികളുടെ കടന്ന് വന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകരാജ്യങ്ങൾ ഇങ്ങനെ ഏകാധിപതികളുടെ കാലഘട്ടം വന്നപ്പോ അവസാനം അത് മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ സിറിയയുടെ ഉപരോധമടക്കം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊക്കെ മനസ്സിലാവുന്നുണ്ടോ പറയണത് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ലോകാവസാനത്തിന്റെ മൂന്നാം ലോകമഹായുദ്ധമെന്ന് പറയുന്ന ആസന്നമായ ഒരു അധപ്പതത്തിലേക്ക് എത്തി നോക്ക ഇപ്പൊ ഞാൻ മൂന്നാല് ഭാഗം പറയുമ്പോൾ ചെറിയ ഇപ്പൊ ചെറിയ പരെ ബഷാറുൽ അസദിന്റെ അള്ളാഹുഖാത്തി അള്ളാഹുഖാ അള്ളാഹു ഖാത്തിരക്കട്ടെ റസൂദ്ള്ളാഹി പറഞ്ഞ ഫാത്തിമ ബിന്ദ് കൈസ് റിപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജാരുമായി ബന്ധപ്പെട്ട ഒരു ഷഹദീസ് മാത്രം പറഞ്ഞ് നിശാദ് ലോകാവസ്ഥാനത്തിന്റെ ഗുണമാണെന്ന് നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകി ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ പ്രവാചകൻ പറഞ്ഞു മൂന്നാം ലോകമഹായുദ്ധമാഗതമാകുന്ന അവസ്ഥയിലേക്ക് ഏതാണ്ട് അതിന്റെ പടിവാതിലാണ് എത്തി രണ്ട് ലോകമഹായുദ്ധം നടന്നത് സാമ്രാജ്യത്തിന്റെ താല്പര്യത്തിനു വേണ്ടിയാണ് മൂന്നാമതൊരു ലോകമഹായുദ്ധമുണ്ടാകുന്നത് പ്രപഞ്ചശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുകയാണ് അതൊരു കുടിവെള്ളത്തിനു വേണ്ടി സമരമുണ്ടാകും ഇനി ഒരു മൂന്നാം ലോകമഹായുദ്ധമുണ്ടാകുന്നത് അണുവായുധത്തിനു വേണ്ടിയല്ല കുടിവെള്ളത്തിനു വേണ്ടി സമരമുണ്ടാകുമെന്ന് ലോകരാഷ്ട്രങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളിലെ കണക്കെടുക്കുമ്പോ ശാസകന്മാരെ നിഗമനത്തിലെത്തുകയാണ് സഹോദരങ്ങളെ അവസാനമാണ് അള്ളാഹ് റസൂലി പറഞ്ഞു അവസാനത്തും ഉൽക്കഞ്ചിരിയാകാധിപതികള് സർവാധിപതികള് ശേഷാധിപതികളും അവരെല്ലാവരും ഇങ്ങനെ ലോകം അടക്കി പാടുമ്പോഴുവാഹു അള്ളാഹുദ്ദേശിക്കുമ്പോൾ ശേഷാധിപത്യത്തിന് അവസാനം വരും നന്നായിട്ട് കേൾക്കണം ഉദ്ദേശിക്കുമ്പോ ദേശാധിപത്യത്തിന്റെ അധികാര കസേരകളുടെ പൊയ് മുഖങ്ങൾ തകർന്ന് വീടും മുബാറക്കു വീണു ഗദാഫി വീണു കദ്ദാമു വീണു സഹോദരങ്ങൾ എല്ലാം എല്ലാം തകർന്നു വീണു എല്ലാം പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലുമത് ഞാൻ എന്റെ വാക്കുകളിൽ ഉറപ്പിച്ചു പറയുന്നു ഈ ചെറിയവരെ ഗച്ചാറില്ല അത് പോകുന്നു എല്ലാം വിതത്തു നിൽക്കുമ്പോ എല്ലാം വിത്ത് നിൽക്കുമ്പോ ഇത്രയും പറഞ്ഞ റസൂലുള്ള ഇത്രയും പറഞ്ഞു യാണ് ഫെ ബിയു പിന്നെ നിശബ്ദനായി പിന്നെ നിശബ്ദനായി കാരണം എന്തെന്നറിയുമോ കാരണം എന്തെന്നറിയുമോ അല്ലാണ്ട് റസൂര് പറഞ്ഞു പിന്നെ ഒരു വരവില്ല പിന്നെ ഒരേ ഒരു വരവേയുള്ളൂ അതീമാ മഹിഷിയുടെ വരവാണ് എല്ലാ സേതാധിപത്യത്തിനും കരിഞ്ഞാണിച്ച് എല്ലാ ഏകാധിപത്യത്തിനും തിരച്ചിലയിട്ട് മാബലകല്ല ഇരുവണ്ണമാർ അരാവും പകലും എത്തുന്നിടം വരെ ഇസ്ലാമിനെ എത്തിക്കാൻ ഭിന്നം മഹിതി വരുമെന്ന് പിന്നീടിനിധങ്ങൾ വേണ്ടിയില്ല ഒരാളിരിക്കുന്ന മഹിതിയെക്കുറിച്ച് പറയാണെന്നതുപോലെ ഒരാളിരിക്കുന്ന ലോകചിഹ്നായകന് മുസ്ലിമീങ്ങൾ കാത്തു നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഓ ജീസസ് കം കണ്ണെന്ന് പറഞ്ഞ് ആകട്ട കാത്തിരി പള്ളിയുടെ വെള്ളമിനാരത്ത് പിന്നെ ഈസയാണ് വരുന്ന ലോകാവസാനം വരെയുള്ള കഥന പറഞ്ഞു വെച്ചിട്ട് അള്ളാഹാന്റെ റസൂല് പിന്നെ നിശബ്ദനായി കാരണം ഇനി വരേണ്ടത് മഹുതിയ മഹുതി വരേണ്ടത് ഇനി വരേണ്ടത് ഈസയാണ് അള്ളാഹു നമ്മളെത്തി അള്ളാഹു നമ്മുടെ അവിടം വരെ എത്തിക്കട്ടെ അള്ളാഹു നമ്മുടെ അവിടം വരെ എത്തിക്കട്ടെ ഈശവരും ശ്രദ്ധിച്ച് കരുതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ ദജാലിനെ കൊല്ലുന്നത് ഇസ്രയേലിന്റെ എയർപോർട്ടിൽ വെച്ചായിരിക്കും ധാരാളം ആളുകൾക്ക് അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് സംശയം ഉണ്ടാവണം കാരണം ഇത് വളുവിനെ കുറിച്ച് പറയണല്ലല്ലോ നിസ്കാരത്തെക്കുറിച്ച് പറയണല്ലോ അപ്പൊ അതും എടുത്ത് കാണിക്കാറെങ്കിലും ഉണ്ടാവും ഇതിപ്പോ വരാനിരിക്കുന്ന സാധനമല്ല അതിനകത്ത് കുറെ നിഗമനങ്ങളൊക്കെ ഉണ്ടാവും ഇത് വരാനിരിക്കാനുള്ളതാണ് ഇത് കണ്ടതല്ല കണ്ടുപോയതല്ല കാണാനുള്ളതാണ് അപ്പൊ ഇത് ഭൂതമല്ല വർത്തമാനമല്ല ഇത് ഭാവിയാണ് ഇതേ ഇതേ ഇത് ഭാവിയല്ല അമൃ അല്ല അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അടവയ്യുന്ന ആ സ്വീകരിക്കാൻ വേണ്ടി വരും